അവരിൽ ചിലർ മുഹമ്മദ് നബിസല്ലാഹു അലിവസലിനെ ഉപദ്രവിക്കുകയും അദ്ദേഹം കേൾവിക്കാരനാണെന്ന് പറയുകയും ചെയ്യുന്നു പറയുക നിങ്ങൾക്ക് ഗുണകരമായ കേൾവിക്കാരനാണദ്ദേഹം അദ്ദേഹം അള്ളാഹു സുബഹാനഹുവ തയാലായിൽ വിശ്വസിക്കുകയും സത്യവിശ്വാസികളെ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ വിശ്വസിച്ചവർക്ക് അദ്ദേഹം ഒരു കാരുണ്യവുമാകുന്നു അല്ലാഹു സുബഹാനഹുവ തയ്യാലായുടെ ദൂതനെ ഉപദ്രവിക്കുന്നവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്